ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച വീണ്ടും ദൈവസന്നിധിയിൽ ഒന്നിച്ചുകൂടാനായിട്ട് വിവിധ സ്ഥലങ്ങളിലിരുന്നാണെങ്കിലും ഇങ്ങനെ ഒരവസരം ലഭിച്ചല്ലോ നമ്മൾ നമ്മുടെ നാട്ടിലും കൂടുതൽ ഈ നിലയിലുള്ള മഹാമാരി സംബന്ധിച്ചുള്ള ഭീഷണികളെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആളുകൾ വലിയ ഭയത്തിലും ആശങ്കയിലും കൂടെ കടന്നുപോകുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മത്ത എഴുതിയ സുവിശേഷം പത്താം അധ്യായത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു അവിടെ കർത്താവ് ഭയപ്പെടണ്ട എന്ന് മൂന്ന് പറയുന്നുണ്ട് നമ്മൾ ഒരു കാര്യം തീർപ്പാക്കുന്നതിന് മൂന്ന് മൂന്ന് പറയാറുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം നമ്മളോട് ഇന്നുള്ള ഒരു സന്ദേശമായിട്ട് ദൈവം പറയുന്നു നിങ്ങളെ ഭയപ്പെടണ്ട ഭയമെന്ന് പറയുന്നത് പിശാചിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് നെഗറ്റീവായ നിഷേധാത്മകമായ എല്ലാ കാര്യങ്ങളും പിശാചിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ നിലയിൽ ഭയം ഈ മഹാമാരിയെക്കുറിച്ചുള്ള ഭയം അതുപോലെ തന്നെ എന്ത് സംഭവിക്കും എന്നുള്ള ഭയം ഇങ്ങനെയുള്ള ഭയങ്ങളൊക്കെ വരുമ്പോൾ അത് പിശാച ഈ ലോകത്തിലെ മനുഷ്യരെ പരിഭ്രാന്തരാക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മളത് ഏറ്റെടുക്കേണ്ടതായിട്ടില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് എന്നാൽ നമ്മൾ ശരിക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പിശാചി കൊണ്ടുവരുന്ന ഈ കാര്യങ്ങളെ ഭയപ്പെടേണ്ടതില്ലെങ്കിലും നമ്മളോടും കർത്താവ് എന്തു പറയുന്നുണ്ട് ഭയപ്പെടാനും പറയുന്നുണ്ട് അതിൻ്റെ പത്താമത്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് ഒരു ഒരു വചനത്തിൽ തന്നെ ഭയപ്പെടേണ്ടെന്നും ഭയപ്പെടാനും പറഞ്ഞിട്ടുള്ള വചനം അതാണ് അമത്തായി പത്തിൻ്റെ ഇരുപത്തിയെട്ട് അവിടെ യേശു ക്രിസ്തു പറയുന്നു ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുവി അപ്പോൾ നമ്മൾ ഭയപ്പെടണം പക്ഷേ അത് ദൈവീകമായ ഒരു ഭയമായിരിക്കണം അല്ലാതെ നമ്മൾ ഈ ഈ മനുഷ്യരെ ഭയപ്പെടേണ്ട ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട മറിച്ച് ആരെയാണ് ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് ദൈവത്തെ ഭയപ്പെട്ടാൽ ആ വാക്യം നമുക്ക് തിരിച്ചിട്ടാൽ ഇങ്ങനെ പറയാം ദൈവത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നെങ്കിൽ നമുക്ക് മനുഷ്യരെയോ മറ്റ് സാഹചര്യങ്ങളെയോ ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നും നമുക്ക് പറയാം പുതിയ നിയമത്തിൽ പൗലോസ് ഈ കാര്യം ദൈവഭയം എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട് രണ്ട് കോരിൻ്റെ റേഴിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് അറിയാവുന്ന ഒരു വാക്യമാണ് അവിടെ നമ്മളിവിടെ വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധിയെന്ന് പറയുമ്പോൾ എവിടെയെല്ലാമുള്ള വിശുദ്ധി ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മേഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ചു കൊള്ളുക എന്നാണ് രണ്ട് കോരിൻ്റെ റേഴിൻ്റെ ഒന്നിൽ പൗലോസ പറയുന്നത് പക്ഷെ അതെങ്ങനെയാണ് കഴിയുന്നത് എങ്ങനെയാണ് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മേഷവും ജഡത്തിലെ എന്ന് പറയുമ്പോൾ പുറമേ ഉള്ളത് ആത്മാവിലെ എന്ന് പറയുമ്പോൾ അകത്തുള്ളത് അങ്ങനെ ഹൃദയത്തിലും അതുപോലെ തന്നെ പുറമെ പ്രകടമാകുന്നിടത്തും എല്ലായിടത്തേയും സകല കന്മഷവും എല്ലാ ഡിഫൈൽമെൻറ്റും നീക്കിക്കളഞ്ഞ് വിശുദ്ധിയെ തേക്കാനായിട്ട് ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെയും മറ്റു പല കാര്യങ്ങളിൽ നിന്നും മാറി ഭവനങ്ങളിൽ ഒറ്റയ്ക്ക് സന്ദർശകരൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മളെ തന്നെ കാണാനും നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും അകത്തും പുറത്തുമുള്ള കന്മഷങ്ങളെ നീക്കിക്കളവാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് വിശുദ്ധിയെ തേക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഇതിനെ എടുക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതെങ്ങനെയാണ് കഴിയുന്നത് ആ വാക്യത്തിൽ പറയുന്നു ദൈവഭയത്തിലാണ് അത് കഴിയുന്നത് ഫിയർ ഓഫ് ഗോഡ് പഴയ നിയമത്തില് സദൃശ്യവാക്യത്തിൻ്റെ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങള് അത് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളെന്ന് പറയുന്നത് എന്താ അത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് അപ്പോൾ ശലോമോൻ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ സദൃശ്യവാക്യം ഒന്നാമത്തെ സദൃശ്യവാക്യമായിട്ട് പറയുന്നത് ഏ ഒന്നാമധ്യായം സദൃശ്യവാക്യം ഒന്നാമധ്യായം ഒന്നിൻ്റെ ഏഴാമത്തേതാണ് ഏഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു കണ്ടോ ഏഹോവ ഭക്തി അവിടെയും ഫിയർ ഓഫ് ഗോഡിനെയാണ് ബൈബിളില് രണ്ട് വിധത്തിൽ ദൈവഭയത്തെ ആ നിലയിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് ഒന്ന് ദൈവഭയം എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട് രണ്ട് ദൈവഭക്തി ഗോഡ്ലിനസ് ഫിയർ ഓഫ് ഗോഡും ഗോഡ്ലിനസും പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും എബ്രാഹിം ഭാഷയിൽ ഫിയർ ഓഫ് ഗോഡ് ദൈവഭയം എന്നുള്ളതാണ് കൂടുതൽ വന്നിട്ടുള്ളത് എന്നാൽ പുതിയ നിയമത്തിൽ ആ കാര്യങ്ങൾ ഗ്രീക്കിലേക്ക് വന്നപ്പോൾ അവർ കൂടുതലും ഉപയോഗിച്ചത് ഗോഡ്ലിനെസ് എന്ന വാക്കാണ് രണ്ടും അടിസ്ഥാനപരമായി ദൈവത്തെ ഭയപ്പെടുന്നതാണ് ജ്ഞാനിയായ ശലോമോൻ തൻ്റെ സദൃശ്യവാക്യങ്ങൾ പറഞ്ഞ് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കറി കഴിഞ്ഞിട്ട് ഒന്നാമത്തെ സദൃശ്യവാക്യമായിട്ട് ആദ്യത്തെ സദൃശ്യവാക്യമായിട്ട് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുത്തുന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാണ് അതുപോലെ തന്നെ ശലോമോഹൻ്റെ മറ്റൊരു പുസ്തകം സഭാപ്രസംഗി അത് അവസാനിക്കുമ്പോഴോ അവസാനിക്കുമ്പോൾ അതിൻ്റെ പന്ത്രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കല്പനകളെ പ്രമാണിച്ച് കൊടുക്കുക കണ്ടോ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പഴയ നിയമത്തില് തൻ്റെ ഒരു പുസ്തകം ആരംഭിക്കുമ്പോൾ ദൈവഭയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു തൻ്റെ മറ്റൊരു പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെടണം ദൈവഭയത്തെക്കുറിച്ച് പറഞ്ഞ് ആ പുസ്തകം അവസാനിപ്പിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ദൈവഭയം എന്ന് പറയുന്നത് ബൈബിളിൽ ഉടനീളം ഒരു ഒരു ആന്തരികമായിട്ട് കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു മാനം പത്രോസ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒന്ന് പത്രോസ് ഒന്നാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ അതിൽ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ എന്നുള്ളത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് ലേവിയ പുസ്തകം പതിനൊന്നിൻ്റെ നാല്പത്തി നാല് വാക്യങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചിരിക്കുകയാണ് അത് ഏതിനോട് ചേർത്താ പറയുന്നത് നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് പത്രോസ് എടുത്ത് ഇവിടെ പ്രത്യേകിച്ച് ഉദ്ധരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഒത്തവണ്ണം വാക്കിലാകട്ടെ വിചാരത്തിലാകട്ടെ പ്രവർത്തനങ്ങളിലാകട്ടെ ഓ ജഡത്തിലെ കന്വേഷമാകട്ടെ ആത്മാവിലെ കന്വേഷമാകട്ടെ ഒക്കെ നീക്കി നമ്മൾ നമ്മളെ വിളിച്ച വിശുദ്ധൻ എന്നൊരു സ്റ്റാൻഡേർഡ് എന്നൊരു നിലവാരം കൂടെ പത്രോസഹ പുതിയ നിയമത്തിൽ വളരെ വ്യക്തതയോടെ മുന്നോട്ട് വയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ദൈവഭയം എന്ന് പറയുന്നത് ദൈവഭക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ദൈവഭക്തിയുണ്ടെങ്കിലേ ദൈവഭയമുണ്ടെങ്കിലേ നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് കഴിയുള്ളൂ ഈ കാലഘട്ടത്തിൽ ജഡത്തിലെയും ആത്മാവിലെയും കന്മേഷങ്ങളെ നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അത് ദൈവഭയത്തിൽ മാത്രമേ നമുക്കത് കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് പ്രിയപ്പെട്ടവര് ബൈബിളില് ഈ വാക്ക് ദൈവഭയം എന്ന വാക്ക് ആദ്യമായിട്ട് വരുന്നത് ഉൽപ്പത്തി പുസ്തക ഇരുപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യമാണ് ഒരു ബൈബിളിൽ ഒരു പദം ആദ്യമായിട്ട് വരുന്ന ആദ്യം അത് വരുന്ന രംഗം പ്രത്യേകമായിട്ട് വേദപണ്ഡിതന്മാർ പഠിക്കാറുണ്ട് ഏത് കോണ്ടസ്റ്റിലാണ് ഏത് സാഹചര്യത്തിലാണ് ആ പദം ബൈബിളിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് വേദപണ്ഡിതന്മാർ പലപ്പോഴും അവരുടെ പഠനത്തിൽ ഒരു പ്രത്യേകതയാണത് എന്ന് പറഞ്ഞതുപോലെ ആ നിലയിൽ നമ്മൾ നോക്കിയാൽ ദൈവഭയം എന്ന പദം ആദ്യമായിട്ട് ബൈബിളിൽ വരുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപതിൻ്റെ പതിനൊന്നിലാണ് അവിടെ ഏതുമായി ബന്ധപ്പെട്ടാണ് ദൈവഭയത്തെക്കുറിച്ച് പറയുന്നത് ആ ഇരുപതിന്റെ പതിനൊന്നിൽ അബ്രഹാം പറയുന്നു ഈ സ്ഥലത്ത് ദൈവഭയമില്ല എൻ്റെ ഭാര്യ നിമിത്തം എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു എന്നാ പറയുന്നു സന്ദർഭം നമുക്കറിയാം അബ്രഹാം ഇങ്ങനെ പരദേശിയായിട്ട പാർത്ത സമയത്ത് താന് ഖരൽ വന്ന് അവിടെ താമസിച്ചു അപ്പൊ താൻ നോക്കിയപ്പോ ഖരാരിലെ ആളുകള് ഒരു ദൈവഭയവും ഉള്ളവരല്ല താന് അപ്പോഴേ ഭാര്യയായ സാറായ താന് ഭാര്യ എന്ന് പരിചയപ്പെടുത്താതെ തൻ്റെ പെങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തി അതിൻ്റെ ഫലമായിട്ട് ഗരാരിലെ രാജാവായ അബീമയിലേക്ക് സാറായെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനിടയായി എന്നാൽ ദൈവം ആ രാജാവിനോട് ജാതീയ രാജാവിനോട് ഇടപെട്ട് അവനെ ഒരു ആ അവന് ചെയ്യാൻ ഇടയാകാതെ ആ എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ ഭാര്യയാണെന്ന് വെളിപ്പെടുത്തി അബീമയിലേക്ക് അബ്രഹാമിനെ വിളിച്ചു വരുത്തി സാറായെ തിരിച്ചേൽപ്പിക്കുന്നു ആ സമയത്ത് അബീമയിലേക്ക് ചോദിക്കുന്നു നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞത് ഈ സ്ഥലത്ത് വന്നിട്ട് നീ നിന്റെ പെങ്ങളാണെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അവളെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്നു ഈ സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ ഇവിടെ ദൈവഭയമില്ല ഫിയർ ഓഫ് ഗോഡ് ഇല്ല എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ നിരൂപിച്ചു അതുകൊണ്ട് അവർക്ക് ഈ ധാർമ്മികമായ ഒരു വിശുദ്ധിയില്ല പ്രിയപ്പെട്ടവരെ ഒരു ധാർമികമായ ആ നിലയിൽ ഒരു വിശുദ്ധിയില്ലായ്മയുമായിട്ട് ചേർത്താണ് ദൈവഭയം എന്ന വാക്ക് ഇവിടെ വരുന്നത് എന്ന കാര്യം ഓർക്കണം ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് പുരുഷനും സ്ത്രീയുമൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉള്ള തെറ്റായ പ്രവണതകളെ കുറിക്കുന്ന ഒരു ഭാഗത്താണ് ആദ്യമായിട്ട് ദൈവഭയം എന്ന വാക്ക് വരുന്നത് എന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഇരുപതിൻ്റെ പതിനൊന്നിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് വിശുദ്ധിയെ തേക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ദൈവഭയം എന്നാണ് നമ്മൾ പറഞ്ഞത് ആട്ടെ ഈ ദൈവഭയം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകാനായിട്ട് കഴിയുക ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ച് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തന്നെ ദൈവം ഒരു വ്യക്തത നൽകിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ പറയുന്നു നീ തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ ഏഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുൻപാക നടന്ന് നിഷ്കളങ്കനായിരിക്കാം അപ്പൊ എങ്ങനെയാണ് അബ്രഹാമിന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയുന്നത് ദൈവം പറയുന്നു നീ എൻ്റെ മുൻപാക നടന്നാലേ നിനക്ക് നിഷ്കളങ്കനായിരിക്കാനായിട്ടൊക്കുകയുള്ളൂ ദൈവം മുൻപാകെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യ ബോധത്തിൽ എപ്പോഴും ആയിരിക്കുക എന്നുള്ളതാണ് കണ്ടോ ദൈവ സാന്നിധ്യ ബോധം നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്ന ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ദൈവം കാണുന്നു അയ്യോ ദൈവം ഈ കാര്യങ്ങൾ അറിയുന്നു ദൈവം എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനസ്സിലാക്കുന്നു ഓ ദൈവത്തെ മറിച്ച് എനിക്കൊന്നും ചെയ്യാനായിട്ടൊക്കുകയില്ല എന്നാൽ ദൈവ ബോധത്തിൽ ദൈവമുൻപാകെ നടന്നാൽ നമുക്ക് എന്തുണ്ടാകും ദൈവഭയം ഉണ്ടാകും ഇതിനൊരു ഉദാഹരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ജോസഫ് ജോസഫ് പറയുന്നു ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോടെ പാപം ചെയ്യുന്നത് നമുക്ക് ഈ രംഗം അറിയാം ജോസഫ് അടിമയായിട്ട് മിശ്രമിലെ പോയി അവിടെ പുത്തിഫേറിൻ്റെ ഭവനത്തിലായിരുന്നു എന്നാൽ പുത്തിഫേറിൻ്റെ ഭാര്യ അവനെ തെറ്റായ നിലയിൽ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുമ്പോൾ അവന് അവിടെ എന്താ പറയുന്നത് ആ വീട്ടിൽ മറ്റാരും ആരും കാണാനായിട്ടില്ല മറ്റാരും അറിയേയില്ല എന്നാൽ ആരും കാണാത്തടത്ത് ആരും അറിയാത്തടത്ത് ജോസഫ് ആരെ കാണുന്നു ദൈവത്തെ കാണുന്നു ദൈവസാന്നിധ്യബോധം ജോസഫിനുണ്ട് അതുകൊണ്ട് അവൻ പറയുന്നു ഞാനീ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ ദൈവം അക്ഷരാർത്ഥത്തിൽ അവിടെ കാണുന്നില്ല പുത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്താ ഇവനീ പറയുന്നത് പക്ഷേ ദൈവസാന്നിധ്യ ബോധത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വൈകുന്നതുവരെ ദൈവമുൻപാകെ നടക്കുന്ന ജോസഫിനെ സംബന്ധിച്ചിടത്തോളം താൻ കാണുന്നു ദൈവത്തോട് ആണ് ഞാൻ ഈ പാപം ചെയ്യുന്നത് എന്ന് കാണുന്നു ജോസഫ് ഈ നിലയിലായിരുന്നത് നമുക്ക് മറ്റ് ചില രംഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്ന് ഇതിനെ തുടർന്നൊക്കെ കിടക്കുന്ന ആ രംഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ജോസഫ് ജോസഫിനോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും കണ്ടോ കാരാഗ്രഹത്തിലാണ് കിടപ്പ് പക്ഷെ അവിടെയും ദൈവ സാന്നിധ്യബോധം ഇവിടെ ഇത് ആ ഭവനത്തിലാണ് പക്ഷെ അവിടെയും മറ്റാരും കാണുന്നില്ല പുത്തിപ്പേർ കാണുന്നില്ല മറ്റാരും കാണുന്നില്ല ഏർ അങ്ങനെയുള്ള ഒരു രംഗത്തും ജോസഫിന് ദൈവ സാന്നിധ്യ ബോധമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ദൈവഭയം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് വന്നത് ധാർമ്മികമായ അശുദ്ധി വരാവുന്ന ഒരു ഭാഗത്തോട് ചേർത്താണ് അബ്രഹാം ഈ വാക്ക് ഉപയോഗിച്ചത് നമ്മൾ പറഞ്ഞു ഇവിടെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതിൻ്റെ ഒൻപതിലും അബ്രഹാമിനോട് ക്ഷമിക്കണം ജോസഫ് താന് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുന്നിടത്തും ഇതേ നിലയിൽ ധാർമ്മികതയ്ക്കെതിരായിട്ട് പോകാവുന്ന ആ പാപത്തോടുള്ള ബന്ധത്തിലാണ് ജോസഫ് ദൈവസാന്നിധ്യബോധം തിരിച്ചറിഞ്ഞ് താൻ അതിൽ നിന്ന് മാറി നടക്കാനായിട്ട് ഇടയാകുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ നമുക്ക് ദൈവഭയം ഉണ്ടാകണമെങ്കിൽ അത് ദൈവസാന്നിധ്യ ബോധത്തിൽ നമ്മൾ നടക്കണം ഈ ദൈവസാന്നിധ്യബോധം നമുക്കെന്ത് തരും ഈ ദൈവ സാന്നിധ്യബോധം നമുക്ക് നമ്മുടെ ചെറിയ പാപങ്ങളെക്കുറിച്ച് പോലും നമുക്ക് വലിയ നിലവിളി തരും യശയ്യാവിൻ്റെ പുസ്തകം ആറാമത്തെ ആയ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നമ്മളെ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള വാക്യമാണ് യശയാവ് പറയുന്ന വലിയ പ്രവാചകൻ ആ പ്രവാചകൻ എല്ലാവരെയും നോക്കി നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾക്കയ്യോ കഷ്ടെന്ന് പറഞ്ഞ ആ യശയ്യാവ് ഒടുവിൽ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദർശനം ആറാമധ്യായത്തിൽ യശയ്യാവിനുണ്ടായപ്പോൾ എശയ്യാവ് പറയുന്നു എനിക്കയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ അപ്പോൾ ദൈവത്തെ കണ്ടാൽ ദൈവ സാന്നിധ്യബോധത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായാൽ സ്വന്തം പാപത്തെക്കുറിച്ച് അത് എത്ര ചെറുതാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു നിലവിളി ഉണ്ടാവും ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ് അവിടെ ഇയോബ് എന്താ ചെയ്തിരുന്നത് യോബ് താന് ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യോബിനെ നോട് സഹത പിപ്പാനായിട്ട് ചങ്ങാതികൾ വരുന്നു അവരോട് സംസാരിക്കുന്നു അതിനുശേഷം ദൈവത്തോട് സംസാരിക്കുന്നു അയ്യോബിൻ്റെ ഈ സംസാരങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ എല്ലാം അന്തർധാരയായിട്ട് പോകുന്ന ഒരു മനോഭാവമുണ്ട് ആ മനോഭാവം എന്താ ഏ എനിക്കിങ്ങനെ വരാനായിട്ട് ന്യായമില്ല ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റെല്ലാവരേക്കാളും വിശുദ്ധനാണ് ഞാൻ അങ്ങനെ ഇന്ന നിലയിൽ ചെയ്തു ഇന്ന നിലയിൽ പ്രവർത്തിച്ചില്ല അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നോക്കുക പുതിയ ഉടമ്പടിയിലെ ഒരാളെപ്പോലെ ഈയോബസ് പറയുന്നുണ്ട് ഞാനെൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു അതുകൊണ്ട് ഞാൻ തെറ്റായ കാര്യങ്ങളെ ഒന്നും ഞാൻ നോക്കുന്നത് ഇല്ല എന്നുള്ള നിലയിൽ ഒരു പുതിയ ഉടമ്പടിയുടെ ആത്മാവിൽ പോലും ഈയോബ് സംസാരിക്കുന്നു അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈയോബ് തന്നെ നോക്കുമ്പോൾ മുപ്പത്തി ഒന്നിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ പറഞ്ഞത് ഈ ഇയോബ് തന്നെ തന്നെ നോക്കുമ്പോൾ താൻ ധാർമ്മികമായിട്ട് വളരെ വിശുദ്ധിയുള്ളവനാണ് അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താൻ വളരെ തൽപ്പരനാണ് അങ്ങനെ താൻ തന്നെ തന്നെ വളരെ വിശുദ്ധനായിട്ട് സ്വയം കാണുകയും ആ കാര്യം തൻ്റെ ചങ്ങാതിമാരോടാകട്ടെ ദൈവമാകെ ആകട്ടെ പറയാൻ മടിയില്ലാത്തവനായിട്ട് ഇരിക്കുന്ന ആ ഇയോബ് പക്ഷേ തൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അയ്യോബിന് ദൈവത്തെക്കുറിച്ചൊരു യഥാർത്ഥ ദർശനം ഉണ്ടാകുമ്പോൾ ഇതാ അയ്യോബ് പറയുന്നു ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു ആകയാൽ അതുകൊണ്ടെന്താ നിന്നെ കാണുന്നത് കൊണ്ടെന്താ ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു അപ്പോൾ ദൈവത്തെ കൺ ബോധം ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടപ്പോൾ ഇയോബിനെ സംബന്ധിച്ചും അവൻ തന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദിക്കുന്നു എന്ന് നമ്മളെ കാണുന്നു നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമർ കെഴുതിയ ലേഖനം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇതിനോടുള്ള ബന്ധത്തിൽ വളരെ ആ ആ പ്രശസ്തമായ ഒരു വാക്യമാണല്ലോ അത് പൗലോസിന്റെ ഈ നിലയിലുള്ള ഒരു നിലവിളിയാണ് പൗലോസ് പറയുന്നു എന്താ പറയുന്നത് അയ്യോ ഞാൻ അരിഷ്ടമനുഷ്യൻ മരണത്തിന് അധീനമായി ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും ഞാൻ പറഞ്ഞു വന്നത് ആശയ്യാവട്ടെ ഈയോബാകട്ടെ പൗലോസാകട്ടെ ഇവരൊക്കെയും ദൈവസാന്നിധ്യ ബോധത്തെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടായപ്പോൾ അതവരെ പാപത്തിൽ നിന്ന് മാറ്റുന്നത് മാത്രമല്ല ഓ തങ്ങളുടെ ജീവിതത്തിലുള്ള വളരെ ചെറിയ പാപങ്ങളെപ്പോലും അതിനെ കാണാനും അതിനെ വെറുക്കാനും അതിനെതിരെ ഒരു നിലപാടെടുക്കാനും അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് ദൈവസാന്നിധ്യ ബോധത്തിൽ നമ്മൾ ജീവിച്ചാൽ അത് നമുക്ക് ദൈവഭയം തരും ദൈവഭയം നമുക്ക് വിശുദ്ധിയെ തേക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ദൈവഭയം നൽകുന്ന മറ്റൊരു കാര്യം നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നമുക്ക് അറിയാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ബലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുന്ന രംഗം അബ്രഹാം എന്ത് ചെയ്തു അബ്രഹാമിനോട് മാത്രമാണ് ദൈവം പറഞ്ഞത് നിൻ്റെ ഏകജാതനായ മകനെ ബലി കഴിക്കാനായിട്ട് മോറിയ മലയിൽ ഞാൻ കാണിക്കുന്നിടത്ത് ബലി കഴിക്കുക എന്ന് പറഞ്ഞത് അബ്രഹാമിനോട് മാത്രമാണ് മറ്റാരും അറിഞ്ഞില്ല മറ്റാർക്കും അതിനെക്കുറിച്ചൊരു ഒരു സൂചന പോലും ലഭിച്ചില്ല അപ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞപ്പോൾ അത് അബ്രഹാം അനുസരിച്ചില്ലായിരുന്നു എന്നിരിക്കട്ടെ ഒരാളും അറിയുമായിരുന്നില്ല ദൈവം ദൈവവും അബ്രഹാമും മാത്രമേ അറിയുമായിരുന്നുള്ളൂ എങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനയെ മറ്റാരെങ്കിലും അറിയുമോ അറിയലെയോ ഇങ്ങനെയുള്ള ഒന്നും ചിന്തിക്കാതെ ദൈവം തന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം അത് അനുസരിക്കാൻ തയ്യാറായപ്പോൾ ദൈവം പറയുന്നു നിൻ്റെ അനുസരണം നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് വെളിവാക്കുന്നത് എന്ന് ദൈവം പറയുന്നു ഈ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് ദൈവം പറയുകയാണ് നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു അപ്പം കണ്ടോ ദൈവഭയം എന്ത് കൊടുക്കുന്നു കൽപ്പനകളുടെ അനുസരണത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നു ദൈവഭയം നമുക്ക് തരുന്ന ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു ദൈവസാന്നിധ്യ ബോധത്തിൽ നമ്മളെപ്പോഴും ആയിരിക്കും രണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് മറ്റാരെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അത് അനുസരിക്കുന്നതിന് നമുക്ക് ഒരു ജാഗ്രത ഉണ്ടാകും അതാണ് ദൈവഭയം ത്തിൻ്റെ മറ്റൊരു ലക്ഷണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രിയരെ ദൈവസാന്നിധ്യ ബോധത്തിൻ്റെ അതിൽ ആ ദൈവസാന്നിധ്യ ബോധം നമുക്ക് ദൈവഭയം നൽകും എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ദൈവഭയം ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു അടയാളം ദൈവത്തിൻ്റെ കല്പനകൾ നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്ന് നമ്മൾ കണ്ടു ദാനിയലിൻ്റെ ജീവിതം നോക്കുക ദാനിയലിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഇതാ അബ്രഹാം തൻ്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കാതെ ദൈവകൽപ്പന അനുസരിച്ചതുപോലെ തന്നെ മറ്റാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ദാനിയേൽ എന്ത് ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനും അശുദ്ധിയിൽ പോകാതിരിക്കാനും താൻ തന്നെ ആ നിലയില് അനുസരണത്തിനായിട്ട് ഏൽപ്പിക്കുന്ന ഭാഗം ദാനിയലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാം ദാനിയേൽ ഒന്നിൻ്റെ എട്ട് എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചു എനിക്ക് അശുദ്ധി പഠിപ്പാൻ ഇടവരരുതെന്ന് അവന് ഷണ്ണാധിപനോടും അപേക്ഷിച്ചു ആ നിലയിൽ ആ വീഞ്ഞിൻ്റെ കാര്യത്തിൽ ക്രമീകരണം ചെയ്യണം എന്ന അപേക്ഷിക്കുന്നത് കാണുന്നു ഇവിടെ നോക്കുക ദാനിയലും ചന്ദ്രകമേശ കവേന്ദ്രനകവും ഈ ഈ യഹൂദാ ബാലന്മാർ അവർ അന്യ രാജ്യത്താണ് അവർ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് അവിടെ അവർ എന്താണ് കഴിക്കുന്നത് എന്താണ് കുടിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും മറ്റാരും അറിയയില്ല എന്നാലും ദാനിയലെ ഹൃദയത്തിൽ തീരുമാനിക്കുന്നത് എന്താ ഞാൻ അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഈ രാജാവ് കുടിക്കുന്ന വീഞ്ഞും അവൻ്റെ ഭോജനവും വേണ്ട എന്ന് ദാനിയൽ തീരുമാനിക്കുന്നത് അതൊക്കെ ഈ വിഗ്രഹങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നതാണ് വിഗ്രഹാർപ്പിതമായിട്ട് അവർ കഴിക്കുന്നതാണ് അതൊന്നും താനെ കഴിക്കാനായിട്ട് പാടില്ല എന്നുള്ള ദൈവകല്പന അനുസരിക്കാനായിട്ട് ദാനിയെ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മേഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തേക്കണം എന്ന ദൈവകൽപ്പനയാണ് പക്ഷേ അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ദൈവഭയത്തിലേ ചെയ്യാനായിട്ടൊക്കെയുള്ളൂ ഇപ്പോഴേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ കണ്ട് അതിനെ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവഭയമുണ്ടെങ്കിലേ നമുക്കത് കഴിയുള്ളൂ ദൈവഭയം നമുക്കുണ്ടോ എന്നുള്ളതിൻ്റെ രണ്ട് ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് നമ്മൾ നിരന്തരം ദൈവസാന്നിധ്യബോധത്തിൽ ജീവിക്കുന്നുണ്ടോ ദൈവത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാണുന്നുണ്ടോ ജോസഫ് അങ്ങനെ കണ്ടു അത് കണ്ടതുകൊണ്ട് അവൻ മറ്റാരും കാണുന്നില്ലെങ്കിലും ഓ ദൈവത്തിനെതിരെയാണ് ഞാൻ പാപം ചെയ്യാൻ പോകുന്നത് എന്ന തിരിച്ചറിവുണ്ടായി ആ ദൈവസാന്നിധ്യബോധം ആ യശയവിനും യോബിനും പൗലോസിനും ഒക്കെ വലിയ ആ നിലയില് ദൈവസാന്നിധ്യബോധത്തെ ബോധ്യം അവർക്ക് പാപങ്ങളെക്കുറിച്ചുള്ള ആ ബോധ്യങ്ങൾ നൽകുന്നത് ഒക്കെ നമ്മൾ ചിന്തിച്ചു അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ദൈവത്തിൻ്റെ കൽപ്പനയനുസരിക്കും അബ്രഹാമിനോട് അങ്ങനെയാ പറയുന്നത് നീ എൻ്റെ കൽപ്പനയനുസരിച്ചത് കൊണ്ട് ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് ദൈവം അരുളി ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ ദാനിയേലും താന് അശുദ്ധമായിട്ട് ജീവിക്കുന്നില്ല എന്ന് ഹൃദയത്തിൽ ചിന്തിച്ച് ആ നിലയിൽ ക്രമീകരണം വരുത്തി ദൈവകൽപ്പന അനുസരിച്ചത് കൊണ്ട് എന്താണ് ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവനാണ് എന്നുള്ള കാര്യം അതും വ്യക്തമാക്കുന്നു നമ്മൾ ഇന്ന് ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെല്ലായിടത്തും ദൈവത്തെ കാണും ഹൃദയ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എല്ലായിടത്തും ദൈവത്തെ കാണും ദൈവ സാന്നിധ്യ ബോധത്തിൽ നിന്ന് അകന്ന് ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒളിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഉണ്ടാവും അതുപോലെ മറ്റാരും അറിയുന്നില്ലെങ്കിലും ദൈവം തന്ന കൽപ്പനകളെ ഞാൻ അനുസരിക്കും എന്നൊരുവൻ ചിന്തിച്ച് അങ്ങനെ അനുസരിക്കുമ്പോൾ അതും അവന്റെ ദൈവഭയത്തെ കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മറ്റു പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താം എന്നാൽ ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ രണ്ട് കാരണങ്ങൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇടത്തോളം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചോദന ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വിശുദ്ധിയെ വലിയ കാര്യമായിട്ട് കണ്ട് ദയമേ എൻ്റെ ജീവിതത്തിൽ ആ വിശുദ്ധി നടപ്പാകണം എന്നൊരു നിരന്തരമായ ഒരു പ്രാർത്ഥന നമ്മൾ കൊണ്ട് നടക്കണം പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞത് വിശുദ്ധിയെ വലുതായിട്ട് കണ്ട് അതിനായിട്ട് നമ്മൾ എന്ത് വേണം നമ്മൾ പ്രാർത്ഥിക്കണം മത്തായി എഴുതിയ സുശേഷം അഞ്ചാമത്തെ ആയോ അതിൻ്റെ ആറാമത്തെ വാക്യം നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവൻ അപ്പോൾ വിശുദ്ധമായ ഒരു ജീവിതമാണ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ദൈവനീതി നടപ്പാകാനായിട്ട് അത് വേണമെന്ന് കണ്ട് അതിനായിട്ട് ദൈവേ വിശുദ്ധമായിട്ട് ജീവിപ്പാൻ സഹായിക്കണം എന്നുള്ള ഒരു വിശപ്പും ദാഹവും അതിനെ വലുതായി കണ്ട് അതിനായിട്ട് പ്രാർത്ഥിക്കണം എബ്രഹർ കൈതി ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തെ നമുക്കറിയാമല്ലോ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഇംഗ്ലീഷിലത് ഒരു വാക്കൂടുണ്ട് ഡിലിജെൻ്റ്ലി സ്പീക്കിംഗ് ദൈവത്തെ യഥാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നവർക്ക് അപ്പോൾ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവഭയം ഉണ്ടെങ്കിലേ അത് കഴിയുള്ളൂ എന്ന് കണ്ട ആ വിശുദ്ധിക്കായിട്ടും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ദൈവഭയത്തിനായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അങ്ങനെ ഉള്ളവർക്ക് ദൈവം എന്തു ചെയ്യും അതിനെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് അതുപോലെ അൻപത്തി ഒന്നാം സങ്കീർത്തനം ദാവീദിൻ്റെ ആ സങ്കീർത്തനത്തിൽ ദാവീതിൻ്റെ ഒരു പ്രാർത്ഥന നോക്കുക തനിക്ക് തെറ്റുകൾ സംഭവിച്ചു തനിക്ക് അശുദ്ധി പലതും സംഭവിച്ചു എങ്കിലും താനെ പ്രായച്ച് താനത് പശ്ചാത്തപിക്കുമ്പോൾ താനെ തുടർന്ന് താൻ ആഗ്രഹിക്കുന്നത് എന്താ അൻപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യം ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നാണ് താൻ ആവശ്യപ്പെടുന്നത് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന പ്രാർത്ഥന ദാവീത് അവിടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ദൈവവിശുദ്ധിയെ വലുതായിട്ട് കാണുക ദൈവം അതാണ് നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവഭയത്തിൻ്റെ കുറവ് നമുക്കുണ്ടെന്ന് നമ്മൾ കാണുമ്പോൾ ദൈവഭയത്തിനായിട്ടും വിശുദ്ധിയെ വലുതായിട്ട് കണ്ടും ഒക്കെ അങ്ങനെ വിശുദ്ധിയിൽ നടപ്പാൻ ഓ ജഡത്തിലെ ആത്മാവിലെ കന്മേഷം ആ നിലയിൽ മാറ്റി വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കാൻ എന്നെ സഹായിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ മലിനതകളിൽ നിന്ന് അകന്ന് നിൽക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം നമ്മൾ മലിനതകൾ നമ്മൾ ജീവിതത്തിൽ ഇന്ന് ഒത്തിരി രംഗങ്ങളിൽ വരുന്നുണ്ട് ഇൻ്റർനെറ്റായിട്ടും മൊബൈൽ ഫോണായിട്ടും അതുപോലെ ടി ആയിട്ടും ഒത്തിരി കാര്യങ്ങൾ മലിനപ്പെടുത്തുന്ന നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും മലിനപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ നിന്ന് അകന്നു നിന്നാലേ നമുക്കൊരു വിശുദ്ധമായിട്ട് മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ അതുകൊണ്ട് അത്തരം മലിനതയിൽ നിന്ന് അകന്നു നിൽക്കാനും ബോധപൂർവം നമ്മൾ ശ്രമിക്കണം ഓ തീമത്യസിനോട് പൗലോസ് എഴുതുമ്പോൾ തീമത്യോസിനുള്ള അവസാനത്തെ ലേഖനത്തിൽ രണ്ട് തീമത്യസ് രണ്ടിൻ്റെ നോക്കുക യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനമാചരിക്കുക അപ്പം മലിനതകളെ വിട്ടോടാനായിട്ടാണ് അവിടെ പൗലോസ പറയുന്നത് കണ്ടോ അപ്പം നമ്മൾ വിട്ടോടേണ്ട കാര്യങ്ങളെ വിട്ടോടാതെ അത് നമ്മൾ ഹൃദയത്തിൽ താലോലിച്ചാൽ നമുക്ക് വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ടൊക്കെയില്ല സദൃശ്യവാക്യകാരൻ വീണ്ടും പറയുന്നു സദൃശ്യവാക്യത്തിലെ ഒരു വചനം നാലാമത്തെ ആയ ഇരുപത്തി വചനം ആ ശലോമൻ പറയുന്നു സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ മത്തായി അഞ്ചിൻ്റെ ഇരുപത്തൊൻപതോ മുപ്പതോ വാക്യങ്ങൾ എന്നാൽ വലങ്കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളകാം കൈ നിനക്കിടർച്ച വരുത്തുന്നതെങ്കിൽ അത് വെട്ടിക്കളകാം അങ്ങനെ വളരെ ഗൗരവമുള്ള ഒരു മനോഭാവം വളരെ റാഡിക്കലായ ഒരു സ്റ്റെപ്പ് മലിനതയ്ക്കെതിരെ ഉണ്ടാവണം അതും നമുക്ക് വിശുദ്ധിയെ തേക്കാനായിട്ട് സഹായിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ വിശുദ്ധിയെ തേക്കണം ദൈവഭയം ഉണ്ടാകണം ദൈവഭയത്തിൻ്റെ രണ്ട് ലക്ഷണങ്ങൾ ദൈവസാന്നിധ്യ ബോധത്തിൽ എപ്പോഴും ജീവിക്കുക കൊച്ചു കല്പനകൾ പോലും അനുസരിക്കുക ഇതൊക്കെയാണ് നമുക്ക് ദൈവഭയം ഉണ്ടോ എന്ന് നമുക്ക് ബോധ്യം തരുന്ന കാര്യങ്ങൾ ആ ദൈവഭയത്തിൻ്റെ കുറവ് നമ്മളിൽ കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ വിശുദ്ധിയെ വലുതായി കണ്ട് അതിനായിട്ടൊരു പ്രാർത്ഥന നമുക്കുണ്ടാവണം അതുപോലെ തന്നെ മലിനതകളിൽ നിന്ന് ബോധപൂർവം അകന്ന് നിൽപ്പാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെയൊക്കെ നമുക്ക് വിശുദ്ധിയെ തികക്കാനായിട്ടൊക്കെ ഉള്ളു ഇത് ദൈവം തന്നെ നമ്മുടെ വിശുദ്ധിയെ അങ്ങ് തികയ്ക്കുമെന്നല്ല രണ്ടു കോരിൻ്റെ റേഴിൻ്റെ ഒന്നിൽ പറയുന്നത് ഉത്തരവാദിത്വം നമുക്ക് തന്നിരിക്കുക ജഡത്തിലെയും ആത്മാവിലെയും സകലകന്മേഷവും നോക്കി നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികക്കണന്നതിൻ്റെ ഉത്തരവാദിത്വം മാർക്കാം നമുക്ക് തന്നെയാണ് അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം നമുക്കെടുത്ത് ഈ നിലയിൽ പ്രാർത്ഥിക്കുകയും മലിനതകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്ത് നമുക്ക് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ നീക്കി വെടിപ്പാക്കി വിശുദ്ധിയെ ഈ ദിവസങ്ങളെ നമുക്ക് പ്രയോജനമായിട്ട് എടുക്കാം ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു